അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ച് തങ്ങൾക്കു മുമ്പുള്ളവരുടെ ഒടുക്കം എങ്ങനെയുള്ളതായിരുന്നുവെന്ന് നോക്കിയില്ലേ അവർ ഇവരേക്കാൾ ശക്തിയുള്ളവരും ഭൂമിയിൽ വലിയ അടയാളങ്ങൾ അവശേഷിപ്പിച്ചവരുമായിരുന്നു എന്നാൽ അവരുടെ പാപങ്ങൾ കാരണം അല്ലാഹു സുബഹാനഹുവ തയാല അവരെ പിടികൂടി അള്ളാഹുസുബഹാനഹഹുവയാലായുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയുമായിരുന്നില്ല